അവർ അള്ളാഹുസുബാനഹൂവ ചയാലക്കു പുറമെ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമ്മിന്റെ പുത്രനായ മസീഹിനെയും രക്ഷിതാക്കളാക്കി മാറ്റി ഏകനായൊരു ദൈവത്തെ ആരാധിക്കാൻ മാത്രമാണ് അവർക്ക് കൽപ്പിക്കപ്പെട്ടത് അവനല്ലാതെ ആരാധനയ്ക്കർഹനായും മറ്റാരുമില്ല അവർ പങ്കുചേർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധൻ